അള്ളാന്റെ റസര് പറഞ്ഞു നാല്പത്ത് ഒല്ലിമലി വൈര് ഉപയോഗത്തിനു വേണ്ടി അല്ലാതെ ഇലമിനെ പഠിക്കുക പഠിപ്പിക്കുക ഇതിന് പല അർത്ഥമുണ്ട് ചിലപ്പോ പറഞ്ഞാൽ പോലും അള്ളാഹുവിന്റെ ദീനിന്റെ പുരോഗമനത്തിന് വേണ്ടിയല്ലാതെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിനു വേണ്ടിയല്ലാതെ പഠിക്കപ്പെട്ട വിജ്ഞാനം വിനിയോഗിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ അവനവന് വേണ്ടി അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി അവനവന്റെ പ്രതിരോധത്തിന് വേണ്ടി അവനവന്റെ കുംഭമർപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ ഇസ്ലാമിന് ഗുണകരമല്ലാത്ത രീതിയിൽ അള്ളാഹുവിന്റെ ദീനിനു കോടലേൽപ്പിക്കുന്ന രീതിയിൽ ഇൽവിനെ വിനിയോഗിക്കപ്പെടുന്ന കാലം വരുമ്പോ അള്ളാന്റെ റസൂല പറഞ്ഞ തൊല്ലിമരു വേണ്ടി എല്ലാടെ ഇൽമു പ്രചരിപ്പിക്കപ്പെടുക അതേപോലെ അമ്മാഹുവിന്റെ ഇൽമു പഠിച്ച ആരുമി അവഗണിക്കുക അവരെ പരിഹസിക്കുക അവരെ പുരോഹിത വർഗമെന്ന് പറഞ്ഞിട്ട് പഠിച്ചു പുറത്താക്കുക ഈ ആമത്ത് നാളിന്റെ നബി മുഹമ്മദ് മുസ്തഫ ഇൽമിന് യാതൊരുവിധ വിലയുമില്ലാതാവൂ അള്ളാഹു ഏറ്റവും കൂടുതൽ വില നൽകിയത് ഇൽമിനാണ് ആ ഇൽമിന് വിലയില്ല ആലിമീങ്ങൾക്ക് വിലയില്ല അവരെ സമൂഹത്തിലെ മൂന്നാം കിടയായിട്ട് കാണുക അള്ളാഹു കാതരിച്ചില്ല കാണാൻ പാടില്ല അള്ളാഹുവിന്റെ ഇൽവുമടിച്ച യഥാർത്ഥ ആലിമീങ്ങൾ ആ ഇൽമിന്റെ വിലയറിയണം ആലിമീങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണം അള്ളാഹു നൽകട്ടെ അവരെ സഹായിക്കണം ആദരിക്കണം പത്ത് പന്ത്രണ്ട് വർഷം തിറച്ചിലൊക്കെ പഠിച്ചിട്ട് ഒരു നാട്ടിൽ വന്ന് സേവനം ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരസ്പരം ഒരു സ്നേഹം ആ നാട്ടിലെ ഇമാമും ആ നാട്ടിലെ ജനങ്ങളും ഒന്നിച്ച് സ്നേഹിച്ച് കമ്മിറ്റിയൊക്കെ ഒന്നിച്ചാകുമ്പോൾ ആ നാട്ടിൽ ദീൻ ഉണ്ടാവുക നാല് നാലു വഴിക്ക് നിൽക്കുമ്പോൾ ദീൻ ഉണ്ടാവുക ഇല്ല കമ്മിറ്റിക്ക് സ്ഥാനം പുറത്താക്കണംസ്ഥാന കമ്മിറ്റിയെ പുറത്താക്കണം ജനങ്ങൾക്ക് രണ്ടുപേരെയും പുറത്താക്കണം അങ്ങനെയല്ല എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കണം അള്ളാഹുദ് ഒത്തീക്കും നൽകട്ടെ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുക പക്ഷെ ഇതേവരെ നമ്മൾ നിന്നെടുത്തുന്നൊരാടി പോയിട്ടില്ല എല്ലാരും പറയുന്നതാ ഞങ്ങൾ ഇസ്ലാമിനെ പുരോഗമിക്കുക എങ്ങോട്ട് ഇരുട്ട് മുറിയിൽ ഒരു കട്ടിൽ കിടക്കും നാല് മക്കളോട് കിതാബ് പറഞ്ഞ് മോനെ ഇതൊന്നെടുത്ത് വെളിയിലെടുത്തു മുറിയിൽ ഇരുട്ട നാല് പേരും പോയി പിടിച്ചു ഒരു മണിക്കൂർ നാല് പേര് നാല് മുറിയെ പിടിച്ചു ഒരു മണിക്കൂർ പിടിച്ചിട്ട് കട്ടിൽ കിടന്നെടുത്തല്ലെങ്കിൽ ഒരു മണിക്കൂർ കണ്ട് വാപ്പിച്ച് മക്കളെ കട്ടിൽ ഇതുവരെ അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കാൻ ഇത് എന്താ നാല് പേരുണ്ടല്ലോ അപ്പൊ മൂത്തവൻ ചോദിച്ചു അതേ നീ എങ്ങോട്ടാ വലിച്ചു ഞാൻ കിഴക്കോട്ട് നീ എങ്ങോട്ടാ വലിച്ചെ ഞാൻ പടിഞ്ഞാറോട്ട് അടുത്തോളിച്ചു നീ എങ്ങോട്ടാ ഇത് വലിക്കാൻ ഞാൻ തെക്കോട്ട് വലിച്ചു ഇതിലേല്ലേ ഇറക്കണ്ടേ നാലാണിച്ച് നീ എങ്ങോട്ട് വലിച്ചു ഞാൻ വടക്കോട്ട് വലിച്ചു അതിലേല്ലേ ഇറക്കണ്ടേ ഇപ്പൊ ഇവര് നാല് പേരും കിടന്ന് വലിക്കുന്നുണ്ട് എങ്ങോട്ടാ വലിക്കണേ ഒരാള് തെക്കോട്ട് ഒരാള് വടക്കോട്ട് ഒരാൾ പടിഞ്ഞാറോട്ട് ഒരാൾ കിഴക്കോട്ട് എല്ലാരും കിടന്ന് വലിക്കുന്നുണ്ട് പക്ഷെ നീലിപ്പോഴത്തേ എല്ലാരും കൂടെ ഒന്ന് യോജിച്ച് തീരുമാനിച്ചിട്ട് നമുക്ക് പിന്നെടുത്തോട്ട് വലിക്കാൻ തീരുമാനിച്ചില്ലേ അള്ളാഹു നമ്മുടെ എല്ലാ സംഘടനകളെയും പരിശ്രമത്തെയും അള്ളാഹു അങ്ങനെ ആക്കട്ടെ അള്ളാഹു അങ്ങനെ യോജിപ്പിക്കട്ടെ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സവാദകൻ നബി മുഹമ്മദ് റസൂർ അഹി സലൈസ് വല്ലം പറഞ്ഞു ഇതൊക്കെ സാമൂഹിക ചുറ്റുപാടുകൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് സാമൂഹിക രംഗം രണ്ടാമതല്ലാതെ പറഞ്ഞു കുടുംബരംഗത് നമ്മുടെ കുടുംബത്തിന്റെ യോഗ അവസാനത്തിന്റെ ഇടയാളോ അതായത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു മകൻ അവൻ വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ അവന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് മാതാവിനെ ഉപദ്രവിക്കാത്ത ഇന്നലെ കടന്ന് കൈപിടിച്ച് കടന്നു വന്ന പെണ്ണിന്റെ വാക്ക് കേട്ട് സ്വന്തം മാതാവിന്റെ കരവാസിയത്തിന് ചവിട്ടാൻ കാലു ഒരു മകൻ ഒരു കുടുംബത്തിലുണ്ടോ അള്ളാന്റെ അവൻ ലോകാവസാനത്തിന്റെ അടയാളം ാണ് കൊ എന്തിനാ അങ്ങനെയാകുന്നത് അള്ളാഹു പറഞ്ഞ ലോകാവസാനത്തിന്റെ അടയാളമാകണോ സ്വന്തം പടിയടച്ച് പിന്നം നിൽക്കുന്നവന് വാതിലാ സുതാബാ കൂട്ടുകാരുടെ തോണില് കൈയെത്തിട്ട് സ്വന്തം വാപ്പാൻ അകറ്റി പിതാവിനെ കാണുമ്പോ ചെരുപ്പിടാത്ത പിതാവിനെ മുറുക്കിത്തുപ്പുന്ന പിതാവിനെ കാണുമ്പോ എന്റെ ചാട്ടസ് നഷ്ടപ്പെടുന്നു പറഞ്ഞ് ആ പിതാ െ മാറ്റി നിർത്തിവിട്ട് കൂട്ടുകാരുടെ തോളിൽ കയ്യേറ്റ് നടക്കുന്ന കൂട്ടുകാരുടെ വീതിക്ക് വേണ്ടി മാതാപിതാക്കളെ തള്ളിക്കളയുന്ന മക്കളുടെ വന്നാൽ അള്ളാന് പറഞ്ഞ് സ്വന്തം നിരസാ ഇയാമത്ത് നാളിന് നിങ്ങൾ കൊള്ളണേ ഇയാമത്തു നാളിന് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണേ ഭാര്യയുടെ വീതിക്ക് വേണ്ടി ഉമ്മയെ മാറ്റി നിർത്തുക കൂട്ടുകാരുടെ വീടിക്ക് വേണ്ടി വാപ്പയെ മാറ്റി നിർത്തുക ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ് നടക്കുന്നു നമ്മുടെ വീട്ടില് ഈ ലോകാവസാനം കേട്ട ദജ്ജാല് മാത്രം കേട്ടാൽ പോരാ നമ്മളൊരു ദജ്ജാലാണോന്ന് ആദ്യം നോക്കണം നമ്മുടെ കുടുംബം അങ്ങനെയാണെങ്കിൽ ഒരു മഹലിൽ അങ്ങനെ ഒരു കുടുംബമുണ്ട് മാതാപിതാക്കൾ അകറ്റി നിർത്തുന്ന കുടുംബം അവര് ലോകാവസാനത്തിന്റെ അടയാളമാണ് സഹോദരിമാരെ നിങ്ങളെ ചിന്തിക്കണം എന്റെ ഭർത്താവിനോട് ഞാൻ പറയണോ അയാളുടെ ഉമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നീ ലോകാവസാനത്തിന്റെ അടയാളാണ് ഏ ഭർത്താവിനോട് പറയാണ് വെള്ളം കൊടുക്കരുത് പെരുന്നാൾ അവർക്ക് പൈസ കൊടുക്കാൻ പാടില്ല അവർക്ക് സാരി മേടിച്ചു കൊടുക്കാൻ പാടില്ല അവർക്ക് പർത്തമേടിക്കാൻ പാടില്ല എന്റെ എന്ന് നീ പറയുന്നെങ്കിൽ പെങ്ങളെ നീ ക്യാമത്തയാളുടെ അടയാളാണ് ഞാൻ പറഞ്ഞല്ലോ അല്ലാണ്ട് സൂര് പറഞ്ഞതാണ് അങ്ങനെ ആവലോകി നിങ്ങളായിരിക്കും ഉമ്മാവാ പറഞ്ഞാൽ പോരല്ലോ അങ്ങനെ ആകണമെങ്കിൽ അങ്ങനെ അള്ളാഹു അള്ളാഹുട്ടെ മാതാപിതാക്കളെ സ്നേഹിക്കുക ആദരവായ പ്രവാചകൻ പറഞ്ഞ സ്വന്തം ഉമ്മയോട് ലൈംഗികത കാണിക്കുന്നൊരു സമൂഹത്തിന്റെ പിന്നാലെയാണ് ജജാർ വരുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ ഉമ്മയെയും പെണ്ണെയും വേദിച്ചറിയാത്ത ഒരു സമൂഹത്തിന്റെ പോലകനാണ് ബച്ചാല് വരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മൊഹമ്മദ് മുസ്തഫ പേടിച്ചു കേട്ടോ സഹോദരങ്ങള് സ്വന്തം മകളെ രൂപയ്ക്ക് വിറ്റ പിതാവിന്റെ നാട് സ്വന്തം ലൈംഗികത കാണിച്ച മക്കളുടെ നാട് ീ നാട്ടിലാണ് പറയുന്നത് സ്വന്തം മകളെ വിൽപ്പന തിരക്കാക്കുന്ന മാതാപിതാക്കളുടെ നാട് ഈ സമൂഹം ജീവിച്ചിരിക്കുന്നതിന്റെ തൊറ്റുപുറകയാണ് ഒറ്റക്കെണ്ണൻ തെറ്റാല് വരുന്നതെന്ന് ഇതേപോലെ കള്ളം പറയാത്തേക്ക് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്ന സമൂഹം ഞാൻ മുമ്പ് എവിടെ അയത്തിലിരിക്കുമെന്ന് ഞാൻ ഒരു സംഭവം പറഞ്ഞിട്ടില്ല ഞാൻ ഒരു ഉമ്മയിൽ കേട്ട ഒരു കാര്യം ഞാൻ ഇവിടേതായാലും അത് പറയുന്നില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇനി നമുക്ക് വലിയ വലിയ അടയാളത്തിലേക്ക് പെട്ടെന്ന് പോകണം അള്ളാഹു നല്ല ബോധം നൽകിയാണ് എനിക്ക് ജയിക്കുമാറാട്ടെ പ്രവാചകൻ വീണ്ടും പറഞ്ഞു വീട് മുഴുവനെ കിയാമത്ത് നാളെ അടയാളമാണ് ഒറ്റവാക്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് രണ്ടായിരത്തി പതിനൊന്നില് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് റസൂറുള്ള പറഞ്ഞാൽ ഈ ഹലീസിന്റെ അർത്ഥം ഒറ്റ വാക്കില് രണ്ടായിരത്തി പതിനൊന്നില് പറഞ്ഞാൽ റിയാലിറ്റി ഷോകൾ അധികരിക്കുന്ന കാലം വന്നാൽ ഷോകൾ അധികരിക്കുന്ന കാലം വന്നാൽ സംഗീത ഉപകരണങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരുന്ന കാലം വന്നാൽ അല്ലാണ്ട് നിങ്ങൾക്ക് നാളിനെ പ്രതീക്ഷിച്ചുകൊള്ളുക റിയാലിറ്റി ഷോകൾ അധികരിക്കുക നാൽപ്പത് കഴിഞ്ഞവൻ ഒരു ഷോ നാൽപ്പത്തഞ്ച് തീർന്നവനൊരു ഷോ അറുപതിലേക്ക് കാലെടുത്തവന് മറ്റൊരു ഷോ പതിനെട്ട് കഴിഞ്ഞവന് വേറൊരു ഷോ പന്ത്രണ്ട് കഴിഞ്ഞവർക്ക് വേറൊരു ഷോ തലമുറ നരച്ചവനൊരു ഷോ നരക്കാത്ത ഷോകൾ വന്നാൽ മാപ്പിളപ്പാട്ടിനൊരു ഷോ മാപ്പിള അല്ലാത്ത ജഡ്ജിമാരുടെ മുമ്പിൽ നൃത്തം ചെയ്യത്തി അവളുടെ മാംസഭാഗം ഇട്ടപ്പെട്ടാല് നിങ്ങൾക്കണേപ്പില്ലാതെ പറയുന്ന ഒരു സമൂഹത്തിന്റെ കാലം വന്ന ആയിഷാബിട്ടി വീട്ടിൽ റിയാലിറ്റി ഷോകളുടെ ചെയ്തിരി പെണ്ണിന്റെ കാലം വന്ന പൊന്നുമോളെ എന്തു നീ കാണിച്ചുപോയത് ആയിസാ വീടി ഹിരാല്ലേ ഹിരാല്ലേ ബഹുമാനപ്പെട്ട മൈമൂന വീടി ഹിരാമല്ലേ ആ ഹിരാവിട്ട് മദീനത്തിന്റെ മല്ലിലൂടെ മരന്തരല് അതേ ഹിരാ അസുഖന്റെ ബാൽക്കണിയിൽ കയറിയിരിക്കുന്ന പെണ്ണിന്റെ കാലം വന്ന ൊഴുപ്പില്ലാ പെൺമക്കൾക്ക് എസ് എം എസ് ചോദിക്കുന്ന എന്തിനാ പൊന്ന് രക്ഷകർത്താക്കളെ സ്വന്തം മക്കളെ വിറ്റിച്ച് വേണോജത്തിന്റെ ഫ്ലാറ്റില് കിടക്കാൻ അങ്ങനെ ഒരു സൗകര്യം നമുക്ക് എന്തിനാ ജീവിച്ചാലും അള്ളാണ്ടോ സ്വരകത്തിലോട്ട് കൈപിടിച്ചു പോകുന്ന പൊന്നുമക്കള് വന്ന് അള്ളാല് പറഞ്ഞു ഭാഷ കടട്ടു പോയാല് നിങ്ങൾക്കാര്ക്കും ഒരു പ്രശ്നവും ചില ആളുകളൊക്കെ ഇനിപ്പോ ഹരാരാണെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് അത് പട്ടുറുമാനാണെങ്കിലും കുഴപ്പമില്ല മാപ്പിളപ്പാട്ടല്ലേ ഏത് മാപ്പിളപ്പാട്ടാപങ്ങള് ഏത് പട്ടുറുമാനാപങ്ങള് അറസൂത് പറഞ്ഞു വാസോപകരണങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞേ സാ പെണ്ണുങ്ങള് കഥാപ്രസംഗം പറയുന്ന കാലം വന്നാ പെണ്ണുങ്ങള് നാടകത്തിന് ഇറങ്ങുന്ന കാലം വന്നാ കഥാപ്രസംഗം ഇന്ന് സ്ത്രീകളിൽ സുലഭമാ പരിശുദ്ധതീരിനു വന്ന ഗുരുതര ലോകമാ അതിരുവൃതിയായാൽ പിന്നെ പിന്നെ തികച്ചും മെഹരെന്നുള്ള മട്ടും തന്നെ പറഞ്ഞതുപോലെ അതുകൊണ്ട് വാദ്യോപകരണങ്ങളുടെ അതിപ്രസരണം വന്ന അള്ളാന്റെ കുറവ് ഓറുന്നത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് അള്ളാഹ് നമ്മളെ കാത്തിരി എത്രയോ ആളുകളാണ് ഖുർആൻ ഓതുന്നത് അവനോതുമ്പോൾ ഖുർആൻ അവനെ റിയാലിറ്റി ഷോകൾ അധികരിച്ചാൽ അല്ലേ ആണോ അധികരിച്ചോ കുറഞ്ഞോ തൊണ്ണൂറ് കഴിഞ്ഞ കളവിക്കുന്ന അള്ളാണ്ടത്ത കിയാമത്ത് നാളിന്റെ അടയാളവാ ഇങ്ങനെയൊക്കെ കണ്ട ഇനി ഒത്തിരി ഒത്തിരി അടയാളം കൊണ്ട് വ്യഭിചാരം വർദ്ധിക്കുക വ്യഭിചാരം വർദ്ധിക്കാ പണ്ടൊക്കെ പെൺമാണിപം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം വാർത്തകൾ പത്രക്കാർ ഒഴിവാക്കി കാരണം എട്ടുപേരും അത് തന്നെ എഴുതേണ്ടി വരും വേറൊന്നും എഴുതാൻ പറ്റൂല ഓരോന്നിലും നാല് പേര് എട്ടുപേര് പത്തുപേരും സൂര്യഅല്യ പെൺമാണിപത്തിൽ ഒരു ജുമേക്കുള്ള ആളുണ്ട് പേര് പെൺവാണിപ്പം അധികരിക്കുക വക്കസരത്തി ഷുറുബുൽ പണ്ടൊക്കെ തെങ്ങിൽ കയറിയിട്ട് വൈകുന്നേരം വന്നിട്ട് അന്തിക്കള് കുടിക്കുന്ന ആളുകളെ കാണാനുള്ളൂ ഇപ്പോഴോ പതിനൊന്നാമത്തെ വയസ്സിൽ കേരളം മദ്യം കുടിക്കാൻ തുടങ്ങുന്നുണ്ട് രണ്ടായിരത്തി പത്തിന് കണക്ക് പ്രകാരം പതിനൊന്നാമത്തെ വയസ്സിൽ കേരളം മദ്യം കുടിക്കാൻ തുടങ്ങുന്നു എറണാകുളത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ പോയ ആൺകുട്ടിയുടെ വാട്ടർ ബോട്ടിൽ നോക്കിയപ്പോൾ വാട്ടർ ബോട്ടിൽ ഹിൻഡൻവെല്ലിന് കുടിക്കാനുള്ള പച്ചവെള്ളമല്ല വാട്ടർ ബോട്ടിലിന്റെ ഉള്ളിൽ കുടിക്കാനുള്ള ബിയർ എവിടെ കാനഡയിലല്ല സാൻ ഫ്രാൻസിസ്കോയിലല്ല മിസ്സിറ്റിയിലല്ല ന്യൂയോർക്കിലല്ല ടോക്കിയോയിലല്ല പാരീസിലല്ല നമ്മുടെ സാക്ഷര കേരളത്തിന്റെ എറണാകുളം നഗരത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വാട്ടർ ബോട്ടിലും കുടിക്കാനുള്ള വെള്ളമല്ല ഇൻഡർവെല്ലിന് കുടിക്കാനുള്ള ബിയർ ആണ് മദ്യപാനം വർദ്ധിക്കുക അള്ളാഹു കാത്തിരിച്ചെ അള്ളാഹു കാത്തിരിച്ചെ അതുപോലെ സ്ത്രീകൾ വർദ്ധിക്കുക പുരുഷന്മാര് കുറയുക ഇപ്പൊ ടു ഈസ്റ്റും വൺ സ്ത്രീ പുരുഷ അനുവാദം ഒരു പുരുഷന് മൂന്ന് സ്ത്രീ പിന്നെ നാല് കെട്ടാറുണ്ട് ബാക്കി വരും ഇനി ഇതൊക്കെ നിങ്ങള് കണ്ട ഇത്ര നിങ്ങൾ കേട്ടല്ലോ ഇനി ഗൌരവത്തോടെ ഞാൻ ഈ പറയുന്ന ആദ്യത്തെ വാസ്തു നിങ്ങളൊന്ന് കേൾക്കണം കഴിഞ്ഞ ഇതേ പ്രഭാഷണത്തിൽ ഞാൻ നരകത്തിന്റെ ചൂട് പറഞ്ഞു ഇന്നലെ പാലക്കാട്ട് ഇതാ പോലി പോളി എന്താ ചൂട് കൂടുക അല്ലെ നമുക്ക് ഉച്ചക്കറിയാം ഒരു കാറ്റടിച്ചാല് തീക്കാട്ട് പോലെ മരുഭൂമിയിലെ തീക്കാട്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ ഇപ്പൊ ഉച്ചക്കൊരു കാറ്റടിച്ച അടുപ്പിന്ന് തീരുമാല്ലേ ശരി പതിനാല് നൂറ്റാണ്ടുമ്പോ റസൂലുള്ള പറഞ്ഞൊരു വാക്ക് കേട്ടോളി ഞാൻ ഇന്നീ ഹദീഫ് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒന്ന് പഠിച്ചോന്ന് ഇതുതന്നെയാണല്ലോ ഈ അടിക്കണത് ഇപ്പൊ ഞാൻ എത്രയാളം പറഞ്ഞു പൊതുഗനാവ് ദൂത്തടിക്കപ്പെടുക ജക്കാത്ത് കൊടുക്കാതിരിക്കുക അമാനത്തിൽ വിശ്വസത്തിൽ വഞ്ചിക്കുക മാതാപിതാക്കളെ ചീത്ത പറയുക മാതാപിതാക്കളെ ചീത്ത പറയുക ഇൽമിനെ ബഹുമാനിക്കാതിരിക്കുക വാദ്യോപകരണങ്ങൾ വർധിക്കുക പലിശ വർദ്ധിക്കുക പലിശ വർദ്ധിക്കുക ം വർദ്ധിക്കുക മദ്യപാനം വർദ്ധിക്കുക ഇതൊക്കെ നിങ്ങളുടെ നാട്ടിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വർദ്ധിച്ചോ നമ്മുടെ നാട്ടിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ് ഇപ്പറഞ്ഞ കാര്യങ്ങളെങ്ങാനും നിങ്ങളുടെ നാട്ടിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ പോലേനെ ഹമറാ ആ സമയത്ത് നിങ്ങള് തീക്കാറ്റിരിക്കുന്നതിന് പ്രതീർത്തിച്ചു കൊള്ളുക തകോടങ്ങളെ ജപ്പാനിലെ ഭൂകമ്പം ഇവിടെ നിന്നുണ്ടായടാ പല്ലവത്തിൽ പറഞ്ഞല്ലോ ഇവ അള്ളാ പറയാമെന്ന് അള്ളാന്റെ ലോകത്തിന്റെ പൊതുഗതിനാവി തൂത്ത് വെക്കപ്പെട്ടാല് അള്ളാന്റെ ദീനിനെ ബഹുമാനിക്കാതിരുന്നാൽ മല അള്ളാന്റെ ദീനിനെ മുഴുവനും അപമാനിക്കുന്ന രവസ്ഥ നിങ്ങളുടെ നാട്ടില് തീക്കാറ്റടിക്കുന്നതിന് നിങ്ങൾ പ്രതീർത്തിച്ചു കൊള്ളുക ഇനി എന്ത് പ്രതീക്ഷിക്കാനാണ് അല്ലാണ്ട് കൺമമ്പിൽ വരികയല്ലേ ഒറ്റ നേരത്തെ ഞാൻ കാറ്റുന്ന കാറ്റിന് തീക്കാറ്റല്ലാ പിന്നെന്താ പറയുക തീക്കാറ്റെന്ന് പറഞ്ഞാൽ ആകാശത്ത് ഇറങ്ങി വരുന്നതല്ല അല്ലാണ്ട് റസൂര് പറഞ്ഞു സാഹചര്യങ്ങളിൽ മാറ്റം പ്രകൃതിക്ക് മാറ്റമുണ്ടാകും അനാശാസങ്ങൾ ോ അതൊപ്പതിനത്തിന്റെ അഥമ ഭാവതലങ്ങളിലോട്ടിറങ്ങിപ്പോകുമ്പോൾ ദാലിക്ക നിങ്ങൾ കാറ്റിനെ പ്രതിരിപ്പിച്ചുകൊള്ളുകയാണ് മനുഷ്യന്റെ പുറത്ത് തൊലി ഒരയുകയാണ് മാത്രമോത്തനങ്ങളെപ്പിച്ചുകൊള്ളുകൾ വിശുദ്ധമായ കുറാനിനെ പിറ്റി ചീണ്ടിയപ്പാ പുനെ നിരോധിച്ച അള്ളാഹുവിന്റെ ഭൂമിയെ പിടിച്ചു കുലുക്കി കെഞ്ഞപ്പോൾ ഒരു അടുത്ത ദിവസം തന്നെയുള്ള പിടിച്ചു വിലുക്കിയപ്പോ ഒമ്പതേ പോയിന്റ് എട്ട് റിക്കറ്റ് അങ്ങ് രേഖപ്പെടുത്തിയപ്പോ സാമ്പത്തിക രാജ്യത്തിന്റെ ശ്രേണിയിലോട്ട് പോകുന്ന ചെപ്പാൻ കെട്ടിടങ്ങൾ എല്ലാം തകർന്നു ഇനി വരാമറ്റാത്ത നൂറ്റാണ്ടിന്റെ പുരന്തങ്ങൾ വരുമ്പോ കഴിഞ്ഞ സുരാമി നടന്നത് ഇവിടെയാ ഇന്തോനേഷ്യ നൂറ് ശതമാനം ഇസ്ലാമിക രാജ്യമല്ല ഇന്തോനേഷ്യ പക്ഷേ ഇന്നത്തെ ഇന്തോനേഷ്യയുടെ അവസ്ഥ എന്താ വ്യഭിചാരം വർദ്ധിച്ചു വർദ്ധിച്ച് വ്യതിചാരം വർദ്ധിച്ചു വർദ്ധിച്ച് വിദേശ സാമ്രാജ്യങ്ങൾ ഇന്തോനേഷ്യ ഇസ്ലാമിക രാജ്യത്തെ തകർത്ത് പരിപ്രദമാക്കാം സെക്യുടൂറിസം കൊണ്ടുവന്ന് അവസാനം വ്യഭിചരിച്ച് വ്യഭിചരിച്ച് പെണ്ണിനോടുള്ള ആസക്തി നഷ്ടപ്പെട്ട് ഇന്തോനേഷ്യയിലെ ചെറുപ്പക്കാർക്കൊന്ന് പെണ്ണിനെ വേണ്ട അവര് കടന്നിറങ്ങുന്ന കിടപ്പറയുടെ വലതുഭാഗത്ത് സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ ഫോട്ടോ ഇട്ടിച്ചിട്ട് ലൈംഗികത കടന്ന് കിടന്ന് കിടന്ന് അവസാന പെണ്ണിനെ വേണ്ടാട് ചെറുപ്പക്കാരായ ആൺകുട്ടികളുടെ ഫോട്ടോ നോക്കിയിട്ട് കിടന്നിറങ്ങുന്നൊരു സമൂഹമാവുനേഷ്യയുടെ സമൂഹം മാറിയപ്പോൾ ഏതെങ്കിലും ഒരു സമൂഹത്തിന് വ്യവിധിച്ചു കഴിഞ്ഞാൽ ഒരു നാട്ടിൽ രണ്ട് ചുറ്റി നഷ്ടപ്പെട്ടു പോയാൽ പോലും ഒന്ന് ലൈംഗിക ശുദ്ധി മറ്റൊന്ന് സാമ്പത്തിക ശുദ്ധി ഒരു സമൂഹത്തിന് വ്യവിചാരവും പലിശയും വർദ്ധിച്ചാൽ ആ നാട്ടിലെല്ലാവരും മരണത്തിന് നിരക്ക് കൂട്ടുമെന്ന് മുസ്തഫ ഒരു മഹലുകാരിൽ വ്യവിചാരവും പലിശയും വർദ്ധിച്ചാൽ അവിടുത്തെ കബർസ്ഥാനിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഒരു വീട്ടില് വ്യഭിചരിക്കുന്ന പെണ്ണും പലിശ മേടിക്കുന്ന പുരുഷനും ഇല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് ദീർഘായിട്ടുണ്ടാകുമെന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ ലോകാവസാനം വളരെ അകരമല്ല അള്ള നിറക്കൂല് പറഞ്ഞടയാളമാണ് ലോകം അവസാനിക്കുന്നതിന് മുമ്പ് നിലക്കാത്ത ഭൂചലനങ്ങൾ ഉണ്ടാകും നിലക്കാത്ത ഭൂകമ്പങ്ങൾ ഉണ്ടാകും വലിയ വലിയ അടയാളങ്ങളിലോട്ട് ഞാൻ കടന്നു വരുന്നു സാമൂഹിക തകരാറിലായി മാറുന്നു സാമ്പത്തികം പലിശയില്ലാത്തതൊന്നും ലോകത്തില്ലാതാകുന്നു പലിശ മനുഷ്യൻ നിർബന്ധിതനാകുന്നു ആ സമയത്ത് നിലക്കാത്ത ഭൂകമ്പം ഉണ്ടാകുമെന്നോ ജപ്പാനിലെ മാത്രമല്ല ലാത്തൂരിലെ പോലെ ഇരാനിയിലെ പോലെ ഇന്തോനേഷ്യെ പോലെ ഓസ്ട്രേലിയയിലെ പോലെ ജപ്പാനിലെ പോലെ നിലക്കാത്ത പ്രവാഹം പോലെ ഭൂസമ്പം വരുമെന്ന് സഹോദരങ്ങളെ സുനാമിയുടെ ദുരന്തം പറയുന്നത് സുനാമിയുടെ തിരമാല ഇന്തോനേഷ്യയിൽ മാത്രമല്ല സുനാമിയുടെ തിരമാല ജപ്പാനിൽ മാത്രമല്ല അതേ തിരമാലയാണ് സോനകപ്പുറം കടപ്പുറത്തും എടുക്കുന്നത് അതേ തിരമാലയാണ് രവിതരം കടലിന്റെ ഭിത്തിയിലും എടുക്കുന്നത് അത് പറയുന്നു തിരമാലകളെ കരയിലേക്കുവാ ആ തിരമാലകളെ കരയിലോട്ട് വരുന്നു അല്ല പറഞ്ഞു തിരിച്ചു വന്നേരെ ഇനി പോരണ്ട പടച്ചറപ്പെന്നാനും ഒരു ദിവസം തിരമാലകളെ തിരിച്ചു വിളിക്കാതിരുന്നാ നക്കിത്തുടച്ചു മാറ്റുകയല്ലേ നക്കിത്തുടച്ചു മാറ്റുകയല്ലേ ജപ്പാനില് സുനാമി ഉണ്ടായാൽ അവിടുത്തെ കെട്ടിടങ്ങൾക്ക് ഭൂകമ്പത്തെ തതിരോധിക്കാനുള്ള കഴിവുണ്ടെന്നാ പറയുക പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരൊറ്റ കെട്ടിടത്തിന് പോലും പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല അല്ലാണ്ട് തീരുമാനം ഏതു പ്രതിരോധമുണ്ടായിട്ട് കാര്യമെന്താ ഇതേ കേരളത്തിലെ അഞ്ചേ ഡിഗ്രി വരെ ഭൂകമ്പം രേഖപ്പെടുത്തിയിട്ടുള്ളൂ അതിനപ്പുറത്തോട്ട് പോയാ കൊന്നുപോലെ പപ്പടം സർവദന്ധകർ ധരിപ്പണമായി പോകും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അല്ലാതെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാടെ സൂര്യ പിന്നീടും പറഞ്ഞ് നിലക്കാത്ത പകുതി ദുരന്തങ്ങൾ നിലക്കാത്ത ഭൂകമ്പങ്ങൾ സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് കിടന്നു ലോകാവസാനം വരുന്നതിനു മുമ്പ് ഒരു മൂന്നാം ലോകമായുദ്ധം പൊത്തിപ്പുറപ്പെടുമെന്ന് ലോകത്തിന്റെ മുത്തേഹ് മുസ്തഫ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ നീണ്ടു നിന്ന് രണ്ട് ലോകമഹായുദ്ധം നടന്നു ഇനി മൂന്നാമതൊരു ലോകമഹായുദ്ധം നടക്കും ആ മഹായുദ്ധത്തിന്റെ മാറ്റലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈജിപ്തില് ലിബിയയില് ബഹ്റൈനിൽ അതിന്റെ അനുഗണനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് റസൂല് പറഞ്ഞിടത്ത് നിന്ന് ഒരു പ്രവാഹം പോലെ നടക്കുകയാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ ഒരു മൂന്നാം ലോകമഹായുദ്ധമുണ്ടാകും ആ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ തുടങ്ങി ഒരു രാജ്യത്തിൽ നിന്നാണ് പതിനാല് നൂറ്റാണ്ടും മാമിനയുടെ മുത്തുമോ ഉമ്മുൾ കുറയെന്ന് പറയുന്ന തൽപ്പം വളഞ്ഞ് വളഞ്ഞ് കിടക്കുന്നത് പോലെ ചെമ്മൻ പാതകൾ നിറഞ്ഞ മക്കയിൽ നിന്നിട്ട് അല്ലാണ്ട് പറയുന്നു മൂന്നാം ലോകമായത് ഒന്നാമത്തെ കാരണം ഒരു കൊച്ചി രാജ്യമാണ് ആ രാജ്യത്തിന്റെ പേര് ആ രാജ്യത്തിന്റെ പേര് കൂട്ടെന്നാണ് അല്ലാണ്ട് റസൂല് പറയുന്നു മൂന്നാം മായ തുടക്കം വരുന്നത് ഒരു രാജ്യത്തിൽ നിന്നാണ് ആ രാജ്യത്തിന്റെ പേര് ആ രാജ്യത്തിന്റെ പേര് കൂത്ത് ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്താ ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ് ഈ മധുനീൻ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനമായിരിക്കും പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഒറ്റകമെന്ന വാഹനമല്ലാണ്ട് രണ്ടാമതൊരു വാഹനമറിയാത്ത ഡീസല് കണ്ടുപിടിപ്പിച്ചില്ലാത്ത പെട്രോള് കണ്ടുപിടിപ്പിട്ടില്ലാത്ത ഒരു വാഹനത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും വെടിയാട്ട് മുമ്പ് അല്ലാണ്ട് പറയുകയാണ് ഒരു രാജ്യം അതിന്റെ സാമ്പത്തികം കുഴിച്ചെടുക്കുന്ന പെട്രോളാണ് ആ രാജ്യത്തിന്റെ പേര് കൂട്ടുന്നാണ് ആ രാജ്യത്തെ ഒരു രാജ്യം തുനിയും ആ അക്രമിക്കാൻ തുനിയുന്ന രാജ്യം വരുക്കുന്നത് മലിക്കുന്ന ജവാബിറാ മലിക്കുന്ന ജവാബിറ ഒരുപതിയായ രാജാവാണ് രാജാവിന്റെ പേര് ഒരു അള്ളാൻഡവര് പൂർണ്ണമായിട്ട് മുതലിപ്പിച്ചില്ലെങ്കിലും ആ കാലഘട്ടത്തിന്റെ ഭാഷ വച്ചിട്ട് അള്ളാൻഡൂർ പറഞ്ഞു ആ മലിക്കാ രാജാവ് ഏകാധിപതിയായ രാജാവായിരിക്കും അയാളുടെ പേര് സത്താമെന്നായിരിക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ മുസ്തഫ മനസ്സിലോട്ട് വരട്ടെ ഗൽഫിയുദ്ധം മനസ്സിലോട്ട് വരട്ടെ ആ രാജാവ് കൂത്തുന്ന രാജ്യം ആ രാജ്യമായിരിക്കും പിന്നീട് കുവയിത്തായത് ഒരു വാവിന്റെ കുറവ് മാത്രമേ ഉള്ളൂ അതിന്റെ പേര് കൂത്തെന്നാണ് അതിനാണ് പിന്നീട് കുവൈത്തായത് ആ കുവൈത്തിനെ ഇറാഖ് അക്രമിച്ചു ഇറാഖ് തന്റെ രാജ്യത്തെ അക്രമിച്ചപ്പോ കുവൈത്തിന്റെ ഭരണാധികാരി അങ്ങല്ലാടെ ഇങ്ങനെ പറയില്ലബിയെ അല്ലാണ്ട് റസൂല് പറഞ്ഞു മകരുത് അയാൾ ആ രാജ്യത്തിന് കുവൈത്തിന്റെ ഭരണാധികാരി പടിഞ്ഞാറിനോട് സഹായം ചോദിക്കുമെന്ന് പടിഞ്ഞാറിനോട് സഹായം ചോദിക്കുമ്പോ ആ പടിഞ്ഞാറൻ ഒറ്റ രാജ്യങ്ങളല്ല പല രാജ്യങ്ങൾ ഒരുമിച്ച് പേര് തനിത്തറായ പന്ത്രണ്ട് പതാകകളിടെ കീട് അള്ളാന്റെ റസൂദ് പറഞ്ഞു പല പതാകകളിടെ കീട് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഒന്നിച്ചു ഇറാഖിനെ ആക്രമിക്കുമെന്ന് ലോകത്തിന്റെ മുട്ടേ മുസ്തഫ അക്രമിക്കുന്ന ആൾ മലിക്കുന്ന ജബാബിറ ഏകാധിപതിയായ രാജാവ് ഇനിയും നിങ്ങൾ കെട്ടൂടി ഒന്നില്ല അള്ളാഹ് നസൂര് പറഞ്ഞൊരു കാര്യം സത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം പടിഞ്ഞാറിനോട് സഹായം തോന്നിച്ചു പടിഞ്ഞാറ് വന്നത് അമേരിക്ക മാത്രമാണ് അമേരിക്ക മാത്രമാണ് ശത്ത പല പതാകകളുടെ കീഴിൽ ഓരോ രാജ്യവും അവരുടെ പതാകയുടെ കീഴിൽ ഇറാഖിലിറങ്ങി അള്ളാഹാന്റെ സോൽ വന്ന് ഇറാഖിലെ ജനങ്ങൾക്ക് ഭക്ഷണ ഉപരോധം വരം അവരേർപ്പെടുത്തും അതിൽപ്പെട്ടിട്ട് പിഞ്ചു കുട്ടികളും മരിച്ചു വീഴുമെന്ന് ലഭി മുഹമ്മദ് മുസ്തഫിന്റെ ശക്തികൾ മുഴുവനും ഇറാഖിന്റെ പേര് പറഞ്ഞു സഹോദരങ്ങളെ എന്തായ സൌദി അറേബ്യ കെടിഞ്ഞാൽ പ്രമാരകൻ്റെ മൊത്തം കെടിഞ്ഞാൽ മദീര കഴിഞ്ഞാൽ തായിഫ് കെടിഞ്ഞാ തബൂസ് കെടിഞ്ഞാൽ കൈവർ കെടിഞ്ഞാലും കന്തക്ക് കെടിഞ്ഞാൽ അല്ലാണ്ട് ജീവിച്ചിരുന്ന ജീവിതത്തിന്റെ പരിപ്പാട് പറഞ്ഞ അറേബ്യ കെടിഞ്ഞാൽ ഇസ്ലാമിക നാഗരികതയുടെ ചിഹ്നങ്ങളേറെ നിറഞ്ഞു നിന്ന രണ്ടാമത്തെ രാജ്യമന്മേയറാക്ക് ബഹുമാനപ്പെട്ട നൂഹനബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജലപ്രളയമുണ്ടായ റൊട്ടിക്കാരന്റെ അടുപ്പളക്കമുള്ള ബഹുമാനപ്പെട്ട് മുഹീദ്ദീൻ ീദിന്റെ കബലടക്കമുള്ള ആയിരക്കണക്കിന് പണ്ഡിത കേസരികളുടെ മൺമറഞ്ഞ് പോയാ ഇസ്ലാമിക ചരിത്രം തിരിച്ചു ഇറാഖിന്റെ മണ്ണിലേക്ക് ആയിരക്കണക്കിന് ഇറാഖുകളെ ലക്ഷക്കണക്കിന് ഇറാഖുകളെ കൂട്ടക്കുരുതി കൊടുത്തിട്ട് അമേരിക്കയും സഖ്യകക്ഷികളും തീർവാഴ്ച വളരെ വിശാലമായ ചരിത്രമാണ് നിങ്ങൾക്കറിയാം അവസാനം ഇറാഖിലെ പാവപ്പെട്ട ജനങ്ങളും ഒടുവനം അള്ളാഹുദിന്റെ വിശുദ്ധമായ ഖുറാൻ പറഞ്ഞതുപോലെ ഇറാഖിലെ സദ്ദാമിന്റെ പേര് പറഞ്ഞിട്ട് സർവ്വതും തത്വം ിലെ പാവപ്പെട്ട വൃദ്ധന്മാരും കൊച്ചുകുട്ടികളും മുഴുവനും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഒരു പ്രാവശ്യം വിതരണം ചെയ്യുന്ന ഒട്ടിക്കഷ്ണേ യവാക്കിന്റെ പാരാഭാരം പോലെ കിടക്കുന്ന മണൽത്തടിയിൽ കിടന്നിട്ട് സൂര്യന്റെ ചൂടിലെത്തിട്ട് ആയിരക്കണക്കിന് പിഞ്ചുകുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ لن يقولون <تصفيق> ربنا حسنا ിൽ കരിയത്തിൽ സഭ കൊടുക്കുന്ന റൊട്ടിക്കശ്നം മേടിക്കാൻ വേണ്ടി ചുറ്റുപിടുത്തു കിടക്കുന്ന മണലാരന്യത്തിന്റെ മുകളില് കാലിലിടാൻ ചുരുപ്പ് പോലുമില്ലാതെ തകർന്നടിഞ്ഞു നിൽക്കുന്ന കഥയുമായി നിൽക്കുന്ന പാവപ്പെട്ട ഇറക്കല വൃദ്ധന്മാര് അവസാന ക്യൂവിൽ നിന്നിട്ട് സൂര്യന് ചൂടേക്കാട് വാടിക്കരിഞ്ഞ് പോലെ വിമശതയോ പിടഞ്ഞു വീഴുന്നു യാ കിന്ന മണ്ണിൽ അവസാനത്തെ ശ്വാസം വിടുമ്പോഴും വിളിച്ചിട്ടുണ്ടാവില്ലേ അള്ളാഹുവേ അള്ളാഹുവേ വചല്ല ൊരു വിമോചകനെ തരുമോ ഞങ്ങൾക്കൊരു രക്ഷകനെ തരുമോ കണ്ട് ഇറാഖിന്റെ മണ്ണിൽ അമേരിക്കയുടെ വന്ന് പതിച്ചപ്പോ രണ്ട് കാലുകളും രണ്ട് കൈകളും നെറ്റപ്പെട്ട് സൗദി അറേബ്യയുടെ കിങ് ഫഹർ ഹോസ്പിറ്റലിൽ കിടന്നുപോയ മുഹമ്മദ് ഇസ്മായിൽ എന്ന കൊച്ചുപോന്റെ ദാരുണ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടുണ്ടാവില്ല എൽ യുദ്ധത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പോലെ രണ്ട് കാലില്ലാത്ത രണ്ട് കൈകളില്ലാത്ത പൊട്ടിത്തെറി െതിരെ ഞങ്ങൾക്കെന്നാണൊരുത്തരുമെന്ന് പറഞ്ഞപ്പോ പട്ടാടികൾക്ക് മുമ്പ് മുകളിലോട്ടതിരിവേശം നടത്തിയ താത്താരികള് പകുതാദിന്റെ പട്ടാളക്കാര് പകുതാദിന്റെ മണ്ണിലൂടെ തേരോട്ടം നടത്തിയപ്പോ വൈത്തു മുഖത്തസിന്റെ മിനാറങ്ങൾ മുഴുവനെ തട്ടി തകർത്ത് തരിപ്പണമാക്കുമ്പോ വൈസുൽമുഖ മിനാരത്തിൽ കൂടു കെട്ടിപ്പാ പ്രാവുകൾ മുഴു പൊട്ടിക്കലന്നിപ്പോൽത്തം പുരാൻ സാമ്രാജ്യത്തിനെതിരെ ഒന്ന് ചെറുപ്പ് നിൽക്കാൻ അള്ളാൻ പറഞ്ഞു ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ സത്യകക്ഷികൾ മുഴുവന് പാഞ്ഞ് വരുമ്പോ അതാ മലനിരകളുടെ ഇടയിൽ നിന്നൊരു സമൂഹം ഉദയം ചെയ്യും അവർ വരുന്നതും മലനിരകളുടെ ഇടയിൽ നിന്നായിരിക്കും അവരാരം നിറയോ അവരാരം നിറയോ അള്ളാന്റെ അസഹാ വിശ്വര് ധാരാളം നോമങ്ങളുള്ള വലിയ താടിയുള്ള തലപ്പാവുള്ള അസ്മാവു കുനാൻസാഹും അള്ളാന്ന് റസൂദ് പറഞ്ഞു കറുത്ത തലപ്പാവ് ധരിച്ച നല്ല താടിമങ്ങളുള്ള ഗോത്രങ്ങളിലേക്ക് ചേർത്ത് പേര് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അഫ്ഗാനിന്റെ മലനിരകളിൽ ഉദയം ആദരവായ പ്രവാചകൻ മുസ്തഫ അഫ്ഗാനിന് ഉദയമുണ്ടായി ആരാണവർ അള്ളാ റസൂദ് പറഞ്ഞു അവരുടെ തലപ്പാവ് കറുത്ത തലപ്പാവ ും അവർ നല്ല രോമമുള്ളവർ ഗൾഫിൽ പോയവർക്കറിയാം അഫ്ഗാനികളെ കണ്ട ഒരു പൈജാമയിട്ട് ജുബയിട്ടിട്ട് അഫ്ഗാനി ഇത്രയുണ്ട് അഫ്ഗാനികളെ കാടി കണ്ട പെട്ടെന്ന് കണ്ടുപോയ റസൂദുള്ള പറഞ്ഞു ആ മലനിരക്കിൽ വരുന്ന ആളുകൾ അവരെ കണ്ടാ കാണുന്നവൻ അത്ഭുതത്തോടെ നോക്കി നിങ്ങൾ പോയി റസൂദുള്ള പറഞ്ഞതാണ് അവരെ കണ്ടാല് അന്തം വിട്ട് നോക്കി നോ ഒരു അബ്ഗാനിയെ കണ്ട പാകിസ്ഥാനെ കണ്ട നമ്മൾ എന്ത് ചെയ്യുന്നതും അത്ഭുതപ്പെടുക ആറൊടി വർത്തിരുന്നു ഞാനിപ്പോ ഉമക്ക് പോയ ഹജലസൂലും മുത്താൻ വേണ്ടി ഒരു അബ്ഗാനിയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനവിടെ പോയി എല്ലാരും അവിടെ പോയി ഞാൻ പയ്യങ്ങടെപ്പോ അവൻ എന്റെ കയ്യിൽ ഒറ്റ വലിയെന്ന് വിളിച്ചത് ഒരൊറ്റ വലി ഈ കാറ്റഴിച്ച സൈക്കിള് ബാക്കിൽ വെച്ച് ഞാൻ ബൈക്കും അവരുടെ ആരോഗ്യമല്ല അവരെ കണ്ടാൽ യൂജമുനാസുബ് റീഹിൻ അവരെ കണ്ടാൽ ജനങ്ങൾ അത്ഭുതത്തോടെ അസ്മാ അവരുടെ പേര് ചില ചെല്ല കുഞ്ഞിയതുപോലെ അഹമ്മദ് ഷാബുസീൽ അഹമ്മദ് റബ്ദഞ്ചാനി ഗുൽബുദ്ദീൻ കിക്ക് മത്തിയാ ഇങ്ങനെയുള്ള പേരായിരിക്കും അവർക്ക് പിന്നെയോ അൻസാബുഹും അവരറിയപ്പെടുന്നത് അവരുടെ ഗോത്രത്തിലേക്ക് ചേർത്തിട്ട ഡൽഹി നടക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം കുർദ്ദുവംശ് അടുത്ത ഗോത്രക്കാർ ഇങ്ങനെ ഗോത്രത്തിലേക്ക് ചേർത്തിട്ടായിരിക്കും അവരെ പറയുക അങ്ങനെ ഒരു സമൂഹം ഉദയം ചുരുക്കി പറയാം ഇനി നമുക്ക് ഒത്തിരി കിടക്കുന്നു ഇമാ മഹതിജാല് മഹ്ജൂരി ദാബത്തിൻ്റെ അറിവ് ഒക്കെ കിടക്കാൻ ഇനി പറയാം അങ്ങനെ ഒരു സമൂഹം ഉദയം ചെയ്തു കിടിയുമ്പോ സഹോദരങ്ങളെ കേട്ടുകൊള്ളുക റസൂല് പറഞ്ഞു അവരെ തകർത്തെറിയാൻ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ തീരുമാനിക്കും ആ രാജ്യത്തിനെതിരെ അവര് യുദ്ധം പ്രഖ്യാപിക്കും പടിഞ്ഞാറ് നൂറ്റാണ്ട മുമ്പല്ലാണ്ട് റസൂല് ആമിനയുടെ മുസ്തു നബി മുഹമ്മദ് അള്ളാന്റെ റസൂല് പറഞ്ഞു മലനിരക്കുകളിൽ ഉദയം ചെയ്യുന്ന ആ സമൂഹത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു മുന്നോട്ട് വരുന്നത് ഒരു വികലാംഗനായ മനുഷ്യനായിരിക്കും എന്ന് പടിഞ്ഞാറ് നൂറ്റാണ്ടുമുമ്പല്ലാണ്ട് ുംവിയേ അഫ്ഗാനിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താൻ ബി ബി സിയുടെ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുന്നത് ലോകമഹായുദ്ധത്തിലൊരു കാലം എത്തപ്പെട്ട് വീഴ്ച അവസേന മേധാവി അവസാനം ബി ബി സി ടെലിവിഷന് വീഴ്ച അഫ്ഗാനിനെതിരെ യുദ്ധ നീക്കം നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോ റിച്ചാർഡുമായികലാംഗനായ മനുഷ്യൻ ഒരു വികലാംഗനായ മനുഷ്യനായിരിക്കും അല്ലാണ്ട് തിരുദൂതര് അന്ന് പറഞ്ഞത് ഞങ്ങൾ അതേപോലെ മുമ്പിൽ കാണുന്ന നബിയേ ഞങ്ങൾ മുമ്പിൽ കാണുന്ന നബിയേ സഹോദരങ്ങളെ ഇങ്ങനെ ജീവിതം മുഴുവനും ഇസ്ലാമിക സമൂഹത്തിനെതിരെ ലോക പാശ്ചാത്യ ശക്തികൾ ഒരുമിക്കുമ്പോ ഇറാഖില് ഓസ്ലിയില് തോമാലിയില് ആയിരക്കണക്കിന് ശിരശട്ട കബന്ധങ്ങൾ കടന്നു വരുമ്പോ അല്ലാതെ പറഞ്ഞു ആ സമയത്ത് കുറച്ച് യുദ്ധമങ്ങ് പുറപ്പെട്ട് കളയും ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താ കൊല്ലുന്നവനറിയില്ലതാൻ എന്തിനു വേണ്ടിയാണ് കൊല്ലുന്നതെന്ന് കൊല്ലപ്പെടുന്നവനറിയില്ലതാൻ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടതെന്ന് നടന്നു വഴിയിലാണ് പോക്കുകൾ പെട്ടിത്തെറിക്കുന്നത് പച്ചക്കറി വാങ്ങാൻ പോയവനാണ് നാല് കച്ചണങ്ങളായി ചിതരുത്തെടുക്കുന്നത് അല്ലാണ്ട് പറഞ്ഞു പാവപ്പെട്ട പിതാവ് മുത്തിച്ചുപോയാ ചിന്തിച്ചു ചിതരുത്തെ അവൾ കറിയില്ലതാണ് എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടതെന്ന് ഉപ്പാന്റെ കൈപിടിച്ച് ടാക്സിയിൽ പോകുമ്പോഴാണ് ഇസ്രേലിന്റെ വിമാനങ്ങൾ വന്ന് ബോംബ് വർഷം നടത്തിയത് ഔത എന്ന പൊന്നുമോളെ പൊട്ടിത്തെറിത്തലിന്റെ പൊൺമോളം അവള് മുഴുവനും ചിലർ തിരിച്ചുപോയി നെഞ്ചു തിരിച്ച് നമസ്കരിച്ച വയറ്റിൽ വക്കോചനത്തിന് വേണ്ടി പോരാടുന്ന അമേരിക്കയുടെ ജാലസന്ധാനമായി ഇസ്രേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുന്നിൽ കല്ലും കവണയും ഉപയോഗിച്ചിട്ട് വിവാദയുടെ ചെറുത്ത് നിൽക്കുന്ന ഫലസ് മുജാഹിദുകൾ മക്കളെ തച്ചതകരക്കാൻ എൺപത് വയസ് കഴിഞ്ഞിട്ടും ഒരു പുരുഷായുസ് മുഴുവനും ഈ രാജ്യത്തിന്റെ മുഴുവനും സ്വത്തൂട്ടിക്കൊടുത്തിട്ട് പലസ്തീനിൽ പോരാടുന്ന പലസ്തീൻ മുജാഹിദങ്ങളെ കൊല്ലാൻ വേണ്ടി പണം മുഴുവനും അമേരിക്കക്കും ഇസ്രയേലിനും കൊടുത്ത് സൂസണ്ണ എന്ന് പറയുന്ന ഇംഗ്ലീഷ് നേഷിന്റെ മകളെ കെട്ടിപ്പിടിച്ച് കിടന്നിറങ്ങിയിട്ട് കിട്ടിയിറല്ലാ പാതിലാ സമയത്ത് പാതി ഉടുപ്പ് വിട്ട് കാൽവണ്ണയും കാണിച്ചിട്ട് എന്ന് പറയുന്ന പെണ്ണ് കൈറോയിലൂടെ നടക്കുമ്പോ തനിക്കും തന്റെ മക്കൾക്കും വേണ്ടി കോടിക്കണക്കിന് ഡോളർ കൊണ്ടുപോയി പർവ്വതമടക്കമുള്ള ബഹുമാനപ്പെട്ട ഭൂസാനബിയുടെ ജന്മത്തിന് കാവൽ നിന്ന ഈജിപ്ത് എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ സർവ സമ്പത്തുകളും വേദകൻ പരിപാലനമായ മണ്ണിലുണ്ടായത് സർവ്വതും ഇസ്രയേലിന് എൺപത് വയസ്കാരെ താഴെ ഇറക്കിയിട്ട് രാജ്യം വിട്ടു ഓടേണ്ടി വന്നിരുന്നുവെങ്കിൽ പലശേരി ചരിത്രത്തിന് കഴിയുന്നെങ്കില് അമേരിക്ക എന്ന സാമ്രാജ്യത്തിന്റെ ദാസന്മാരായി വാലാട്ടിപ്പട്ടികളായി കഴിഞ്ഞ സർവ്വ സാമ്രാജ്യത്തെ പ്രഭുക്കളെയും താഴെ ഇറക്കാൻ ജനകീയ വിപ്ലവത്തിന് കഴിയുന്നുവെങ്കിൽ അള്ളാന്റെസാന ത്തിന് മുമ്പ് നടക്കാനിരിക്കുന്ന മാറ്റത്തിന്റെ ഗതിയാണിതെന്ന് ആദരവായ പ്രവാചകൻ നദി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ഇസ്ലാമിക സമൂഹം മുഴുവനും ഇങ്ങനെ തീരാ കയത്തിൽപ്പെടുമ്പോ എല്ലാവരും മുസ്ലിമിനെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങൾ ശേഖരിക്കുമ്പോ ഇസ്ലാമിക സമൂഹം ആ വേദനയില് കിടന്നുറങ്ങാൻ അങ്ങനെ ജീവിതത്തിൽ മുഴുവനും വേദനയോടെ കഴിയുമ്പോ നമുക്ക് വേദനയില്ലേ ഫലസ്തീനെ ഓർക്കുമ്പോ നമുക്ക് വേദനയില്ലേ ഇറാഖികൾ ഓർക്കുമ്പോ നമുക്ക് വേദനയില്ലേ അഫ്ഗാനികൾ ഓർക്കുമ്പോ നമുക്ക് വേദനയില്ലേ ലബനാനികൾ ഓർക്കുമ്പോ നമുക്ക് വേദനയില്ലേ ബോസ്ലി ഓർക്കുമ്പോ നമുക്ക് വേദനയിലെ ചിത്തിരി കൊടുക്കുമ്പോ എല്ലാ വേദനയോടെ കിടന്നിറങ്ങുമ്പോ ഇസ്ലാമിനെ തകർക്കാൻ സാമ്രാജ്യങ്ങൾ ഒരുമിച്ച് വരുമ്പോ ആ സമയത്ത് വിശുദ്ധമായ ഹജ്ജിന്റെ സമയമായി ആ സമയത്ത് വിശുദ്ധമായ ഹജ്ജിന്റെ സമയമായി ലോകരാട്ടങ്ങളിൽ നിന്നുള്ള മുസ്ലിമീങ്ങളും മുഴുവനെ ഹജ്ജിന് വേണ്ടി വെള്ളവസ്ത്രം ധരിച്ച് ബഹുമാനപ്പെട്ട പ്രവാചകന്റെ സമത്വത്തിലേക്ക് ലബൈക്കള്ളാകുന്ന ലബൈക്ക എന്ന തൽവീയത്തിന്റെ മന്ത്രവുമായി കവിതയിലേക്ക് പോകുമ്പോ ആ സമയത്ത് ഒരു ദിവസം കഴിബാലയത്തിൽ വെച്ച് അസര നമസ്കാരത്തിന് വേണ്ടി പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്ന് വന്ന അബുദാലികളായ പണ്ഡിതന്മാർ ലോകപ്രശിസ്ഥരായ പന്ത്രണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാര് കഴിബാലയത്തിൽ അസര നമസ്കാരത്തിന് ഒരുമിച്ച് കൂടും രണ്ടുപേരും പരസ്പരം പരിചയപ്പെടും എന്നിട്ട് ആ പന്ത്രണ്ട് പണ്ഡിതന്മാര് ഇസ്ലാമിക സമൂഹത്തിന്റെ വേദനകളെ ചർച്ച ചെയ്യുമ്പോ ഓരോ സമൂഹത്തിന്റെ വേദനകളെ ചർച്ച ചെയ്യുമ്പോ ആ സമയത്ത് വരാനിരിക്കുന്ന ചരിത്രത്തിന്റെ കാകളമൂത്ത് കേൾക്കാൻ ഒരു പണ്ഡിതൻ പറയും അല്ലാണ്ട് റസൂര് നമ്മളോട് പറഞ്ഞിട്ടില്ലേ ഇസ്ലാമിക സമൂഹം മുഴുവനും എല്ലാവരും ഇസ്ലാമിനെതിരെ തിരിയുമ്പോ ഇസ്ലാമിക സമൂഹം മുഴുവനും ഒരു നാഥനില്ലാതെ ചിതറിന് നായകത്വം കൊടുക്കരുമെന്ന് റസൂറുള്ളയുടെ ഹതീസ് ഉണ്ടല്ലോ ആ ഇമാതിയെ ഒരു പണ്ഡിതൻ പറയുമ്പോ ഒരു ഹജ്ജിന്റെ സമയത്താണ് ആ പന്ത്രണ്ട് ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ മക്കയുടെ കൈബാലയത്തിന്റെ ചുറ്റുവട്ടേശിക്കാൻ തുടങ്ങുന്നുണ്ട് ആദരവായ പ്രവാചകൻ മുസ്തഫ പന്ത്രണ്ട് പണ്ഡിതന്മാർ ഒരുമിച്ചു കൂടും അവര് പറയുന്നു ഇങ്ങനെ സമൂഹം മുഴുവനും ബുദ്ധിമുട്ടില് നിൽക്കുമ്പോ അവരിമഹിയെ കാണൂല ഇമാം മഹുദി ഇനി ഇനി മുതലാണ് വലിയ അടയാളം ഇമാം മഹുതി വന്നതിന് ശേഷമാണ് ഈ സാനബി ഇസാനബിക്ക് ശേഷമാണ് ഇസാനബിയുടെ അറിവ് പിന്നെ ലോകാവസാനത്തിന്റെ അടയാളെന്ന് നാളെ അത് നാളെ കഴിഞ്ഞ് എങ്ങനെയാണ് ലോകാവസാനിക്കുന്നത് അള്ളവ് മനസ്സിലാക്കാൻ ആര് പിരിയണ്ട ഇത്രയും കേട്ടിട്ട് ഒരു കാര്യം കൂടെ പറയാനാണ് ഇത് കേട്ടിട്ട് ഇത്രയും കേട്ടിട്ടെന്ത് ചെയ്യുന്നു ഒരൊറ്റ ആയത്തോടി കെട്ടി കണ്ടിട്ട് പോയി ലോകം അവസാനിക്കും ഇസ്രാവിൽ ചൂറുന്ന കകളത്തെ ഊതും എല്ലാം നമുക്കറിയാം പക്ഷേ നമുക്കറിയാൻ പാടില്ലാത്ത എന്താ വിശുദ്ധമായ ഖുർആാൻ സൂറത്തുൽ ഹജ്ജിലെ ആദ്യ ആയത്തിറങ്ങ എവിടെ വെച്ച ഇറങ്ങുന്നത് ഈ ആയത്ത് കേട്ടിട്ട് സഹാബാക്കൾക്കുണ്ടായതുപോലെ ഒരവസ്ഥ നമുക്കുണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഹജ്ജിരായത് യുദ്ധത്തിന്റെ രാത്രി അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാപാക്കൾ യുദ്ധം ചെയ്ത് ക്ഷീണിച്ചിട്ട് രാത്രിയിൽ കിടക്കുകയാതിരാവിന്റെ നമസ്കാരങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ യുദ്ധം ചെയ്ത് ക്ഷീണമുണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കൾ വനുൽ മുസ്തലക്കിന്റെ യുദ്ധഭൂമിയിലാണ് ചെറിയൊരു കൂടാരം കുറേ കെട്ടി തിരാ സമയമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ പോരെടുത്ത ക്ഷീണം കാരണത്താൽ അല്ലാണ്ട് റസൂലിന്റെ സഹാപത്ത് കിടന്നുറങ്ങാൻ തയ്യയിലോട്ട് പോവുകയാണ് ആ സമയത്താണ് ചിബിരിയിൽ വരുന്നത് അല്ലാണ്ട് റസൂലിനോട് സൂറത്തിൽ ഹജ്ജ അവതരിപ്പിക്കുന്നത് അല്ലാണ്ട് റസൂല് പറഞ്ഞു സഹാവാ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇന്നിറങ്ങി ആയ സങ്കിലേക്ക് ഞാൻ അന്ന് പഠിപ്പിച്ചു തരട്ടെയോ അല്ലാണ്ട് റസൂലോ തുടങ്ങി യാ ايها الناس اتقوا ربكم شيء يا ൂറബ്ബക്കും ഇന്നതൽ ധനത്തെ സാറ്റ് ശൈവാലി യാതെ ഇത്തക്കൂറബക്കും അല്ലാതെ സൂക്ഷിച്ചു ജീവിക്കണേ അല്ലാതെ സൂക്ഷിച്ചു ജീവിക്കണേ എന്തു കൊണ്ടാടനങ്ങൾ അല്ലാതെ സൂക്ഷിച്ച് ജീവിക്കേണ്ടത് എന്നറിയുമോ ഇന്നതൽ ധനത്തെ شيء ശൈവാലി ം അതൊരു വല്ലാത്ത കുലുക്കമാ ലോകം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൂടികുലുക്കമുണ്ടല്ലോ ഒരു ചെൽത്തലത്തുണ്ടല്ലോ ആ ചെൽസലത്ത് ചെയ്യുന്നതീ അതൊരു വല്ലാത്ത സംഭവമാണ് അതൊരു വല്ലാത്ത സംഭവമാണ് ആ കിയാമത്ത് നാളിന്റെ കുലുക്കം വന്നാല് തരണ് സുതാരാ മാ ആ പുലുക്കത്തിന്റെ ശബ്ദം കേട്ടാല് മിത്തത്തിലിരിക്കുന്ന പാല് കുടിക്കുന്ന മക്കളെ വലിച്ചെറിഞ്ഞ് ഗർഭിണികൾ അറിയാതെ നായത്തിറങ്ങിയപ്പോ സഹോദരങ്ങളെ ഹരീശ്വരെ കാണാം അന്ന് സഹാബാക്കള് കരഞ്ഞതുപോലെ ജീവിതത്തിൽ വരെ കരഞ്ഞിട്ടില്ല അവസരങ്ങൾ മാറാൻ കിടക്കാൻ പോയ സഹാബത്ത് പിടിച്ചു കിട്ടിയതുപോലെ നിന്നു ീരൊഴുകാൻ തുടങ്ങി കിയാമത്തിന്റെ പരിസരണം കേട്ടപ്പോ സഹാബാക്കലെ കണ്ണിലൂടെ കണ്ണുനീര് തലം തല്ലി ആർ കൊടുക്കുക ഈ ഹലീസിൽ അതുപോലൊരു കരച്ചിൽ പിന്നെ ഞാൻ കണ്ടിട്ടേയില്ല അവര് നിന്ന് വല്ലാതെ നിന്നുപോയി ആ നിന്ന് കിടക്കാമറന്നു ആ നിന്നിൽ വരെ നിന്നു അവരുടെ ഒട്ടകത്തിന്റെ പുറത്തേക്ക് ജീനി കെട്ടിവെക്കാൻ പോലും കൈകൾക്ക് കഴിത്തില്ല കുഴഞ്ഞുപോയി അവര് കിടന്നിരുന്ന യുദ്ധം അവര് കടന്നിരുന്ന ടെൻ്റരിക്കാൻ പോയപ്പോ ആ ടെൻഡിന്റെ കയറരിക്കാൻ കൈകൾക്ക് ബലമില്ല കൈകള് തളർന്നു ഒറ്റകത്തിന്റെ പുറത്തോട്ട് കയറാൻ കാലു തളർന്നു പോയി കെട്ടാൻ പറ്റുന്നില്ല വിരലുകൾ തളർന്നു പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഒരൊട്ടായപ്പോ സമയം മുഴുവൻ നിന്ന് കരഞ്ഞു പോയവർ കഴിയാതെ പോയവർ കെട്ടാൻ കൈവിരലുകൾ ശക്തിയില്ലാത്തവർ ഇത്രയും നേരം ഗിയാമത്തനാൾ കേട്ട് ഇതുപോലൊരു രാത്രിയിലാണ് ബരൽ പുസ്തലക്കിരി ആയത്തിറങ്ങിയത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരയുമോ ആ അവസ്ഥയോർത്ത് ഭീതിരമായിട്ടൊടുക്കുമോ അള്ളാഹ് ഇതിനെ സൂക്ഷിച്ചു ജീവിക്കുമോ അല്ലാണ്ട് ജീവിക്കുമോ എല്ലാവർക്കും ആകാംക്ഷയാണെന്നാണ് ലോകം അവസാനിക്കുന്നത് അല്ലാണ്ട് റസൂലിന്റെ അടുക്കലേക്ക് ഒരു വന്നു ഓ നബിയേ മത്തസഹ എന്നാണ് ലോകം അവസാനിക്കുന്നത് നബിയെ എന്നാണ് നബിയെ ലോകം അവസാനിക്കുന്നത് അല്ലാണ്ട് റസൂര് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ലോകം അവസാനിക്കാൻ പോകുമ്പോ പരലോകത്തേക്ക് പോകാൻ പോകുമ്പോ ോകാവസാനത്തിനു വേണ്ടി എന്താണ് നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് ലോകം അവസാനിക്കുകയോ അവസാനിക്കാതിരിക്കുകയോ ചെയ്യട്ടെ അവരുടെ മുമ്പിൽ പോകുമ്പോ എന്താണ് നിന്റെ കയ്യിലുള്ളത് എന്താണ് നീ സമ്പാദിച്ചു വെച്ചത് സഹോദരങ്ങളെ ഈ ജനക്കൂട്ടം എനിക്കറിയാം ലോകാവസാനം അറിയാനുള്ള ജനക്കൂട്ടം ലോകാവസാനത്തിന്റെ പൂരണമില്ലാത്ത സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ആവേശം കൊള്ളാം നിങ്ങളെ ഞാൻ താഖിക്കുകയാണ് പക്ഷേ ചോദിക്കട്ടെ ലോകാവസാനത്തിന് ശേഷം പോകുമ്പോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ് അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാക്കി വെച്ചത് അസാബി പറഞ്ഞ് നബിയെ എന്റെ കയ്യിലുള്ള ഒരു സ്വത്ത് അങ്ങും അള്ളാഹുമാണ് നബിയേ അള്ളാഹു അങ്ങും മാത്രമാണ് നബിയേ അള്ളാഹുവിനോടുള്ള താഴത്ത് അങ്ങയോടുള്ള മഹദ്വത്ത് ഇത് രണ്ടുമല്ലാടും മറ്റൊന്നുമില്ല നബിയെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു എന്നാൽ നീ രക്ഷപ്പെട്ടവനാണ് അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കണേ അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കണേ കിയാമത്ത് കഴിഞ്ഞിട്ടൊരു നാളുണ്ട് ആ നാളിലേക്ക് വെറുതെ കയ്യും വീശിപ്പോയാ സുഹൃത്തുക്കളെ പതയ്ക്കുന്നതാണേ മൂളാ അമരൊന്നുമില്ലാതങ്ങ് ചെന്നാൽ പോളാ ണേ മൂള അമലൊന്നുമില്ലാതങ്ങ് കോളാ മൂള പതയ്ക്കും അമലൊന്നും ഇല്ലാതെ ചെന്നാൽ കോളായിരിക്കും ഈ ജനക്കൂട്ടം കിയാമുത്തകളൊക്കെയാണ് ജനക്കൂട്ടം എനിക്കതറിയാൻ നന്നായിരിക്കും നാളെ നിങ്ങൾ വരും ഗജ്ജാലിനെ കേൾക്കണം യവൂജ് മൗജൂദ് രണ്ടുപേരാണോ അതല്ല അതിൽ കൂടുതലാളാണ് അവര് ചൈനയുടെ വന്മതിലാണ് ഇപ്പോഴും ഉള്ളത് സൂറത്തിൽ കൗഹിയിൽ പറഞ്ഞാൽ മതി അത് തന്നെയാണ് വിശാല നാളെ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ ക്യാമത്താളൊക്കെ അറിയാം പക്ഷെ നാളെ പോകുമ്പോ എന്തെങ്കിലും വേണ്ടേ ലോകം അവസാനിച്ചു പിന്നെ അള്ളാടെടുക്കൽ പോയി എന്തണ്ട് കൈ എന്താ കൈണ്ട മേരി ഹരീ ഭാലി ഞാൻ എന്ത് ചെയ്യാനാണ് അല്ലാണ്ട് അടുക്കലെത്തുമ്പോ എന്റെ കയ്യിൽ എന്താണുള്ളത് ഞാൻ എന്ത് ചെയ്യാനാണ് മേരി ജോലി ഗെലി എന്റെ പോക്കറ്റാണെങ്കിലോ കാലിയാണ് മേരി ജോലി ഗെലി എന്റെ പോക്കറ്റാണെങ്കിലോ കാലിയാണ് കാലിയായ പോക്കറ്റായിട്ട് പോയാൽ രക്ഷയുണ്ടോ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോവാൻ ഈ ഭൂമി ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളതാണ് അള്ളാഹു തോഫീക്ക് ഇൻഷാള്ള നാളെ കൃത്യം മണിക്ക് ഇമാം മഹിദി ആരാണ് അള്ളാഹിന്റെ ഇമാം മഹദിയെ തിരിച്ചറിയാൻ മൂന്ന് വിശേഷണങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ഇൻഷാല് നമുക്ക് ഇമാം മഹുദിയെ കാണുവോ ഇമാ ഇവർ ഇമാം മഹദിയെ കാണാൻ പോകുമ്പോ ഇമാഅഹദി വേറെ എടുത്തു ഇവർ പുറകെ പോവും അങ്ങനെ വളരെ വിശാലമായി പ്രവാചകൻ പറഞ്ഞ സംഭവമുണ്ട് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എല്ലാവരും കാര്യമായിട്ട് അച്ഛനും ീ പുറത്തു മാ പാപ്യ ജീവിതം പാപരഹിതമാക്കണേ അല്ല പൈശാജീക ദുർബോധനത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണേരാനെ അള്ളാഹുവേ ഞങ്ങളുടെ ഉഹ്രവിയായ ജീവിതം നന്നാക്കി തരണേ അല്ല ഞങ്ങളുടെ ദുനിയാവ് നന്നാക്കി തരണേ തമ്പുരാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോര കബരൊന്നി വിശാലമാക്കണേ അല്ലാ മണ്ണറകളിൽ കിടക്കുന്ന അവരുടെ കബറിലേക്ക് ഞങ്ങൾ ഓദ്യ സ്വലാത്തിന്റെ ആന്റെ വെളിച്ചം നൽകണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങള് പറയുന്നത് ഞങ്ങളുടെ ഹൃദയ പടത്തവനെ പറയുന്നതിന് ജീവിതത്തിൽ പകർത്തുന്നവരില് പെടുത്തേതമ്പുരാന് അള്ളാഹു വെറും ഒരു അതര വ്യായാമമാക്കല്ലേ അല്ലാ കൽ തട്ടിയതാക്കണേദമ്പുരാന് നാളാഹത്തിലേക്കുള്ള പാതയമാക്കണേ ദമ്പുരാനെ അള്ളാഹു വേളിൽ രോഗികളായി കഴിയുന്നവരുടെ രോഗം നിശികയാക്കണേ അല്ല മാരക രോഗുമായി കഴിയുന്നവരുണ്ട് തമ്പുരാനെ നിശികയാക്കണേ ക്യാൻസർ ബാധിച്ചവർ വൃക്ക രോഗം ബാധിക്കും ിനുഖം ബാധിച്ചവർ മുട്ടിന് ബുദ്ധിമുട്ട് വന്നവർ അല്ലാഹു സംബന്ധമായ രോഗമുള്ളവർ ധാരാളം ആളുകളുണ്ട് മരിക്കുന്നതുവരെ ക്യാൻസർ ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഞങ്ങളിലാർക്കും നീ വരുത്തല്ലേ തുമ്പുരാനെ നീ വരുത്തല്ലേ തുമ്പുരാനെ പടച്ചവനെ പിടിച്ച് ശരീരം മുഴുവനെ കറുത്ത് കരിവാളിച്ച് മലമൂത്ത വിസർജനം പോലും നടത്താൻ കടിയാട പഴ തുണിക്കെട്ട് പോലെ മറ്റുള്ളിൽ ശിഷ്ട ജീവനം നയിക്കുന്നൊരവസ്ഥ ഞങ്ങളിലാർക്കും വരുത്തല്ലേ അല്ല വരുത്തല്ലേ അല്ല വരുത്തല്ലേ തമ്പുരാനെ നീ ഞങ്ങൾക്ക് തന്നെ ആരോഗ്യം നിലനിർത്തി തരണേതം പുരാനെ ഞങ്ങൾ നിങ്ങൾക്ക് നിനക്ക് ശുക്രു ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആരോഗ്യം നീ പിടിച്ചെടുക്കല്ലേ അല്ല ഷുഗർ സംബന്ധമായ രോഗമുള്ളവരെ ശിവയാക്കണേതും പുരാനെ നിങ്ങളുടെ മാതാപിതാക്കളുടെ അസുഖങ്ങൾ ശിവയാക്കണേ അല്ല അവരെ ൊടുക്കണേംപുരാനെ പടച്ചവനെ അവരുടെ ശിഷ്ടജീവിതം നിരാഹത്തിലാക്കണേല്ലോ നീ അവർക്ക് നിശ്ചയിക്കല്ലേ ദമ്പുരാനെ അല്ലാതെ ഞങ്ങളുടെ ഭാര്യമാരെ നീ സാരി കാത്തുകളാക്കണേല്ല അവരെ സ്വർഗത്തിന്റെ കൂട്ടാളികളാക്കണേദംരാനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തോളനെയല്ല ഞങ്ങളുടെ മക്കളെ നീ ഹാഫലീങ്ങളും മാലിമീങ്ങളും ആക്കി തരണേദം പുരാനെ പടച്ചവനെ സൽസ്വാദികളാക്കണേല്ല കൺകുളിർമേകുന്ന മക്കളാക്കണേല്ലാ പടച്ചവനെ കുഞ്ഞു മക്കൾ കാരണത്താല് അഭിമാനം നെട്ടപ്പെട്ടു പോകുന്നവസനങ്ങളിൽ ആർക്കും വരുത്തല്ലേ റഹമാനെ പടച്ചവനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അപകടങ്ങളോ അസുഖങ്ങളോ വരുത്തല്ലേ അള്ള രാവിലെ സലാം വന്ന് സ്കൂൾ ഭാഗം കൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങളാണ് പടച്ചവനെ സ്കൂൾ വാനിന്റെ ഡ്രൈവറിന്റെ നിയന്ത്രണം മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം പാർവതി പുത്തനാറില് കുഞ്ഞുങ്ങൾ അല്ലാ െ അരുവിയിലേക്ക് മറിഞ്ഞ് ശ്വാസം കിട്ടാതെ നിലവിളിച്ച് മുങ്ങി മരിച്ചു പോയി അള്ള പടച്ചവനെ മൂന്നും വയസ്സുള്ള പൊന്നുമക്കളും ആന്റെ കബളത്ത് ചുംബനം കൊടുത്തുപ്പയോട് സലാം പറഞ്ഞ് ചോറും പുതിയും പോയവരാണ് വൈകുന്നേരം വെള്ളത്തുണീര് പൊതിഞ്ഞ് ശ്വാസകോശത്തില് പാർവതി പുത്രനാറിന്റെ അടഞ്ഞിട്ട് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചു പൊന്നുമക്കള് അല്ലാഹുവേ അവർക്ക് നീ സ്വർഗത്തിന്റെ ഉന്നത സ്ഥാനം നൽകണയല്ല ഞങ്ങളുടെ പൊന്നുമക്കളനീ കാത്തോളനെയല്ല അടച്ചവനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു ദുരന്തവും നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തല്ലറവേ അപകട മരണങ്ങൾ നിന്ന് കാക്കണയല്ല അടച്ചവനെ ഈ സദസ്സിൽ ഇത്രയും നേരം ഒരുമിച്ച് കൂടിയ അകലെ ആളുകളുണ്ട് നിന്റെ വിശുദ്ധനായ പ്രവാചകന്റെ വാക്കുകൾ കാൻ കുറ ആണ്ടുരങ്ങൾ കാനെത്തിയവർ അല്ലാതെ കച്ചവടക്കാരുടെ കൂട്ടത്തില് പറക്കത്ത് ചെയ്യണയല്ല കൂലിപ്പണിക്കാരുടെ ആരോഗ്യം നിലനിർത്തണയല്ല കൊച്ചുകുട്ടികളുണ്ടല്ലാകെ യുവാക്കൾ ഉണ്ട് അവർക്ക് നല്ല ഭാവി കൊടുക്കണേതും പോരാണേ വന്ന ഓരോരുത്തർക്കും ഓരോ കാലടിക്കും നീ അർഹമായ പരിപാല നൽകണയല്ല ഇത്രയും നേരം കേട്ടതിൻറെ മറക്കത്തവല്ല കുടുംബ ജീവിതത്തിൽ നൽകണേതും പോരാണേ എസ് പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ മക്കളെല്ലാം അകേ കുഞ്ഞുങ്ങളെ വിജയം നൽകണേതും പോരാണേ അള്ളാഹ് ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരവരെ ഭർത്താക്കന്മാരെ സൽ സ്വഭാവികളാക്കണേ അല്ലാ അവരെ ജീവിതത്തിന്റെ ദുരന്തങ്ങളും പ്രയാസങ്ങളും മാറ്റണേദമ്പുരാനെ അല്ലാഹു മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് കെരുമ പറഞ്ഞ് മരിപ്പിക്കണേ അല്ലാ മരിക്കുന്നതിനും മുൻപാദരവായ റസൂല സ്വപ്നത്തിനൊന്ന് കാണാൻ നിങ്ങൾക്ക് തൂഫീക്ക് നൽകി അനുഗ്രഹിക്കണേ ദമ്പുരാനെ നാളെ പരലോകത്ത് റസൂൾ ഉള്ളാന്റെ തൃക്കരങ്ങൾക്കുണ്ട് ഹൗതൽ കൗതൽ ുക്കാൻ അവസരം നൽകണയല്ല പടച്ചവനെ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെയും ഈ സദസ്സിലും ഇതേപോലെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേതും പുരാനെ സ്വർഗത്തിലും ഇതേപോലെ ഒരുമിച്ച് കൂട്ടണേല്ല ഞങ്ങളുടെ ദ്വാകള നീ സ്വീകരിക്കണേതും പുരാനെല്ലം അലാ محمد صلى الله عليه وسلم اللهم صل على محمد والى اهل البيت صلي وسلم و صلى على النبيين وصلي والحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته <تصفيق> ിങ്ങനെ കിടക്കല്ലേ അങ്ങാ കിടക്കയിൽ നിന്ന് ഇടനേൽക്കോലു മരിച്ചു കിടക്കുന്ന ഉപ്പായുടെ മുന്നിൽ മുട്ടായി ചോദിക്കുന്ന കൊച്ചുകുട്ടിയെപ്പോലെറക്കൂപ്പാ കണുപ്പാട്ടം തരുവാപ്പാ മുട്ടായി തരുവാപ്പാ പൊന്നുപോലെ ചുംബനം തരുവാപ്പാ എന്ന് ചോദിക്കുന്ന പോലെ ഒരു കൊച്ചുകുട്ടിയെപ്പോലും തോൽപ്പിക്കുന്ന പ്രേമബന്ധത്തിന്റെ ആന കടലിലേക്ക് അതുകൊണ്ട് എഴുന്നേൽക്കോ നിധിയേ എഴുന്നേൽക്കോ നിധിയേ ഇന്നിട്ടുറയിൽ നിന്ന് ഊരി പിടിച്ചവാണ് പുറത്താക്കട സഹാബത്തിന്റെ മുഖത്തേക്ക് മുമ്പിവാടാ അവന്റെ കഴുപ്പിനു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനത്തെ കല്യാർ ഉമർവിളഹത്താ പ്രാഹു എന്ന് പറഞ്ഞങ്ങ് തളർന്നു വീണു അബോബക്കെ സിദ്ധി കെളിയൊന്നാ ഒന്ന് എടുത്തു കൊണ്ടുപോയപ്പോ അല്ലാൻ്റെ പുലപ്പ് നോക്കിയപ്പോ ഉമർയൊന്നാ കൊക്കി കറളിയൊന്നാ കൊന്നു വിനോട് തോന്നിക്കുന്നു അബോബക്കരെ എന്റെ ഈ കൈ കൊണ്ടല്ലേ നൂറൊട്ടകത്തിന്റെ പകരമായി എന്റെ ഹബീവിന്റെ തലവെട്ടേ എന്തൊസൂറുന്ന ആ കിടക്കുന്ന പുണ്യഗേഹത്തിന് ചുംബനം കൊടുത്ത് മതിയായില്ല ഭൂമക്കർ മുത്തം കൊടുത്ത് കൊതില്ലോ ആ കഴുത്ത് വെട്ടി മാറ്റാ നൂറൊട്ടകത്തിന് ൻ വാളരുത്തവനല്ലേ ഈ ഉമർ ഗോപക്രസുദ്ധീ കറിയല്ലാഹുന്ന് സമാധാനിപ്പിച്ച് മാറ്റിക്കൊണ്ടുപോയിട്ട് ഗോപക്ര സുദ്ധി കറവികളാഹു എന്ന് പറഞ്ഞു കൊടുക്കുന്നു മംഗാനയോ സൈന്യം ആരല്ലോ ആര് അല്ലാതെ വാദത്ത് ചെയ്തിട്ടുണ്ടോ ആര് അല്ലാതെ ആരാധിച്ചിട്ടുണ്ടോ സൈന്യ അമ്ഹുജീവനോടെയുണ്ട് മരിച്ചിട്ടില്ല ആരും അമ്മാഹുവിനെ വണങ്ങിയോ അമ്മ ജീവനോടെയുണ്ട് മരിച്ചിട്ടില്ല പക്ഷേ മൻകാന എഴുതുമൊ ആരെങ്കിലും ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിട്ടുണ്ടോ എങ്കിൽ ഇന്ന മുഹമ്മദൻ ആ മുഹമ്മദ് മരിച്ചുപോയി ൂപക്കർ സുദ്ധീഖർ അള്ളാഹു പറഞ്ഞു അള്ളാഹു താലാന്നുവിനെ സമാധാനിപ്പിക്കുക എല്ലാ രംഗങ്ങളും കഴിഞ്ഞു എല്ലാ രംഗങ്ങളും കഴിഞ്ഞു അവസാനം ഹബീബിന് എല്ലാ കാര്യങ്ങളിലും അബൂബക്ര സുദ്ദീഖർ ആണ് വഫാത്തിന്റെ എല്ലാ ചോദിച്ചറിഞ്ഞത് ആര് കുളിപ്പിക്കണം എങ്ങനെ പൊതിയണം എവിടെ അടക്കണം ഇതെല്ലാം അബൂബക്രസുദ്ധീഖർ അള്ളാ തേരാനുമാണ് ചോദിച്ചത് അവസാനമല്ലാന്റെ റസൂലിന്റെ വസാത്ത് കഴിഞ്ഞപ്പോൾ തേരാനു എല്ലാം പറക്കിത്തോളത്തിട്ടുകൊണ്ടു മസ്ജുദിന്പതിയുടെളാ ശരീഫിന്റെ മുമ്പിലേക്ക് വന്നു അവിടെ വന്ന് നിന്നിട്ട് പറയുന്നു ഇത്തരാമു അലയിക്കയാറ സൂരല്ല പാവപ്പെട്ട ബിലാല് പോവാണ് ഇനി ബിലാലിങ് മദീരയിൽ നിൽക്കാൻ കഴിയൂലിയേണ്ട സൂര് ബിലാലിനെ പോകാൻ ചോദിക്കണം അങ്ങനെ കിടക്കുന്ന മദീരയിൽ ഈ ബിലാലിങ്ങൾ ഭാഗ്യ വിൽക്കാൻ പറ്റൂല നിങ്ങളും അധീനത്തേക്ക് പോകുമ്പോൾ റസൂർന്നാട് റൗമയുടെ പരിസരത്ത് മസ്ജുദിന്റെ പവിയുടെ ബാങ്ക് വിളിക്കാനായി അധീനത ആ ബൈക്കിന്റെ അടുത്തേക്ക് കയറി ചൊല്ലുമ്പോൾ അതുവന്നെ മുഹമ്മദ് റസൂലില്ലേ എന്ന് വിളിച്ചാൽ ഈമാരോടെ കേട്ടുകൊണ്ട് വിൽക്കുന്നവരുടെ കൽപെരിഞ്ഞുപോലെ റസൂലാടെ പേര് മദീനത്തിൽ നിന്ന് കേൾക്കാ എന്തേ പ്രയാസമാണ് അത് ഈമാനിന്റെ നൊമ്പരമാണ് മുസ്ലിമേ ബിലാലബി അള്ളാഹു എന്ന് പറഞ്ഞു പറ്റൂല നബിയെ ഇമാന്റെ റസൂലെ അങ്ങയില്ലാത്ത ഈ മദീനൈ എനിക്കിനി നിന്ന് പാങ്ക് വിളിക്കാൻ പറ്റില്ല വഹസ്വനുമിങ്ക ലം തറ കാപ്പി ഐജുമിംഗം കളി അങ്ങയെപ്പോലെ പരിശുദ്ധ മുഖമുള്ള അങ്ങയെപ്പോലെ ഭംഗിയിൽ ആരും തോറ്റുപോകുന്ന ഭംഗിയുള്ള രസമുള്ള മുഖം ഈ ലോകത്തൊരു പെണ്ണും വേറെ പ്രസവിച്ചിട്ടില്ല യാത്ര പറഞ്ഞിറങ്ങിയപ്പോൽ എല്ലാവരും വന്നു പറഞ്ഞു വിലാലെ ൂടിപ്പോയാൽ നിങ്ങളൂടിപ്പോയാൽ ഞങ്ങളുടെ മനസ്സകത്തേക്ക് റസോറുള്ള മഹബത്ത് അശ്വന്ന മുഹമ്മദ് റസോറുള്ള എന്ന വാക്കിലൂടെ വാരി വിതറ ഇനി ആരാണ ഒരു തിരിച്ചുപോയിമുള്ളവരെ ആ മദീനത്തെ മക്കൾ ശുദ്ധീകൃതിയുള്ളാഹ് തയ്യാലാൻവന് കൊണ്ടുവന്നുകിടത്തി ഉമർബിൽ ഹത്താബ് റളിയുള്ളാഹു എന്നിവന്റെ വസാത്തിന്റെ സമയമായപ്പോയി മറലിയുള്ളാഹു എന്ന് പറഞ്ഞു മോനെ ആയുഷാനോട് പോയിട്ട് ചോദിക്കണം എന്റെ റസോല കിടക്കുന്ന അതിന്റെ പ്രസൂലിയോടെ ഏറ്റവും വലിയ മഹഭൂബാര അപ്പോ ഭക്ര സ്ഥീകർമ്മികളാതൊന്നു കിടക്കുമ്പോൾ ഒന്നിനും കൊള്ളരുതാത്ത പാവപ്പെട്ട ഉമറിന് സൂറിലാടെ തലയെടുക്കാം നൂറത്തകത്തുരപകരം വാടുമായി പരക്കും പാച പാവപ്പെട്ട ഉമറിന് മോനെ അവരൊരു അടുത്ത് കിടക്കാൻ വിടം ചോദിക്കണമെന്ന് പറഞ്ഞു വിടുമ്പോൾ എന്തുരില്ലാ സന്തോഷത്തോടെ സമ്മതിച്ചു ഇന്ന് മദീനത്ത് ചെന്നാൽ ആ പ്രേമബന്ധങ്ങളുടെ ആ കൊട്ടാങ്ങനുക്ക് കാണാ അവരെ സ്നേഹിച്ച പതിനായിരക്കണക്കിന് സഹാബികളും അതിന്റെ അടുപ്പ് തന്നെ അലഹദില്ല അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതുകൊണ്ട് മദീനത്തു മരിച്ചില്ലെങ്കിലും മദീനയുടെ മനവാളനെ കണ്ടു മരിക്കണ്ടേ